ഇസ്രയേൽ പറയേണ്ടതെന്തെന്നാൽ അവർ അവാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി യഹോവ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തുകളഞ്ഞിരിക്കുന്നു സിയോനെ പകയ്ക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ വളരുന്നതിനു മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ കൊയ്യുന്നവൻ അതുകൊണ്ട് തന്റെ കൈ ആകട്ടെ കച്ച കെട്ടുന്നവൻ തന്റെ മാർവിടമാകട്ടെ നിറക്കേയില്ല യഹോവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ യഹോവിയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നതുമില്ല